നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളോ മക്കളോ നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യില്ല പുനരുദ്ധാന നാളിൽ അല്ലാഹുസുബഹാനഹുവ ചായാല നിങ്ങൾക്കിടയിൽ വിധി തീർത്തുതരും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുസുബഹാനഹൂവ ചായാലാ എല്ലാം കാണുന്നവനാകുന്നു